ം പന്ത്രണ്ട് എന്നാൽ രഹബയാമിന്റെ രാജ്യത്വം ഉറച്ച് അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രയേലും യഹോവയുടെ ന്യായ ഉപേക്ഷിച്ചു അവർ യഹോവിയോട് ദ്രോഹം ചെയ്യുക കൊണ്ട് രഹബയാം രാജാവിന്റെ അഞ്ചാണ്ടിൽ മിസ്രൈം രാജാവായ ശീശക് രഥങ്ങളോടും അറുപതിനായിരം കുതിരച്ചേവകരോടും കൂടെ യെരുശലേമിന്റെ നേരെ വന്നു അവനോടുകൂടെ മിസ്രൈമിൽ നിന്ന് വന്നിരുന്ന ലൂബ്യർ സൂക്കിയർ കൂസ്യർ എന്നിങ്ങനെയുള്ള പടജനം അസംഖ്യമായിരുന്നു അവൻ യഹൂദയോട് ചേർന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിച്ചു യെരുശലേം വരെയും വന്നു അപ്പോൾ ഷെമയ്യ പ്രവാചകൻ രഹബയാമിന്റെയും ശീശക് നിമിത്തം എരുഷലേമിൽ കൂടിയിരുന്ന യഹൂദ പ്രഭുക്കന്മാരുടെയും അടുക്കൽ വന്ന് അവരോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളെന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ ശീശക്കിന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഇസ്രയേൽ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു അവർ തങ്ങളെ തന്നെ താഴ്ത്തിയെന്ന് യഹോവ കണ്ടപ്പോൾ യഹോവയുടെ എളപ്പാട് ഷമയ്യാവിന് ഉണ്ടായതെന്നാൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കിയാൽ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരുവിധം രക്ഷ നൽകും എന്റെ കോപം ശീശക്കു മുഖാന്തരം എരുഷലേമിന്മേൽ ചുരിയുകയുമില്ല എങ്കിലും അവർ എന്റെ സേവയും അന്യദേശങ്ങളിലെ രാജത്വത്തിന്റെ സേവയും തിരിച്ചറിയേണ്ടതിന് അവർ അവന് അധീനന്മാരായിത്തീരും ഇങ്ങനെ മിശ്രൈം രാജാവായ ശീശക് എരുസലേമിന്റെ നേരെ വന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരവും രാജധാനിയിലെ ഭണ്ണാരവും അപഹരിച്ച് ആ സകലം എടുത്തുകൊണ്ടുപോയി ശലോമൊൻ ഉണ്ടാക്കിയ പൊൻപരിചകളും അവൻ എടുത്തുകൊണ്ട് പോയി അവയ്ക്കു പകരം രഹബയാൻ രാജാവ് താമ്രം കൊണ്ട് പരിചകൾ രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു രാജാവ് യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ കൊണ്ടുവന്ന് പിടിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യും അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി യഹൂദയിൽ ഏതാനും നന്മ ഉണ്ടായിരുന്നു ഇങ്ങനെ രഹബയാം രാജാവ് യെരുശിലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു വാഴ്ച തുടങ്ങിയപ്പോൾ രഹബയാമിന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നഗരമായ യരുഷലേമിൽ അവൻ പതിനേഴ് സംവത്സരം വാണു അവന്റെ അമ്മയ്ക്ക് നയമ എന്ന് പേർ അവൾ അമൂന്യസ്ത്രീ ആയിരുന്നു യഹോവിയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവെക്കാഞ്ഞതിനാൽ അവൻ ദോഷം ചെയ്തു രഹബിയാമിന്റെ വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ഷെമെയ്യാപ്രവാചകന്റെയും ദർശകന്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ രഹബയാമിനും യോരോബയാമിനും തമ്മിൽ എല്ലാ കാലത്തും യുദ്ധമുണ്ടായിരുന്നു രഹബയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവിദന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അബിയാവ് അവന് പകരം രാജാവായി